അവരിലെ പലരും സത്യനിഷേധികളോട് സൌഹൃദം സ്ഥാപിക്കുന്നത് നീ കാണും അള്ളാഹുസുബാനുഹൂവ താല അവരോട് കോപിച്ചു എന്നതുകൊണ്ട് അവരുടെ ആത്മാക്കൾ അവർക്കായി മുൻകൂട്ടി ഒരുക്കിവച്ചത് എത്ര മോശമായ കാര്യമാണ് അവർ ശിക്ഷയിൽ നിത്യവാസികളായിരിക്കും